അങ്ങനെ അറബി ഭാഷയിലുള്ള ഒരു വിധിനിയമമായി നാം അതിനെ അവതരിപ്പിച്ചു നിനക്ക് അറിവ് ലഭിച്ചതിനു ശേഷം അവരുടെ താൽപ്പര്യങ്ങളെ നീ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുവറ്റാലയിൽ നിന്ന് നിനക്ക് ഒരു സഹായിയോ രക്ഷകനോ ഉണ്ടാകുകയില്ല